ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ബൈബിൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായമാണല്ലോ ഇന്ന് ചിന്തിക്കുന്നത് ഈ അഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഷീമോൻ പത്രോസ് താൻ യഥാർത്ഥത്തിൽ കർത്താവിനെ പിൻപറ്റാനായിട്ട് പടങ്ങുകളെ കരക്കടുപ്പിച്ച് സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കണ്ണികെ അവസാനിക്കുന്നത് ഈ സംഭവം നമ്മൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാമധ്യായത്തിൻ്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശിമോൻ പത്രോസ് നേരത്തെ ഒരിക്കൽ തൻ്റെ സഹോദരനായ അന്ത്രയോസ് വിളിച്ചപ്പോൾ കർത്താവിനെ കാണാൻ ചെന്നതാണ് കാണാൻ ചെന്നപ്പോൾ അന്ന് കർത്താവ് എന്തു ചെയ്തു കർത്താവ് അവൻ്റെ പേരി മാറ്റിയിട്ടു പെട്രോസ് പാറക്കഷണം പാറമേലിൻ്റെ സഭയെ പണിയും എന്നൊക്കെയുള്ള വലിയ ഒരു ആ നിലയിലുള്ള വലിയൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കർത്താവ് അവനെ പേരൊക്കെ മാറ്റിയിട്ട് തൻ്റെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിച്ചതാണ് ആ കൂടെ അന്ന് പലരും ആ നിലയിൽ അന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരായതിൻ്റെ ചരിത്രമൊക്കെ യോഹനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ശീമാൻ പത്രോസിനും അന്ന് മുതൽ തന്നെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായിട്ടായിരിക്കാനുള്ള ഒരു വലിയ സാധ്യത അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നാൽ അവൻ എന്ത് ചെയ്തു യോഹനൻ്റെ സുശേഷം ഒന്നാമധ്യായ നാൽപ്പത് നാൽപ്പത്തി രണ്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ നല്ല നിലയിലൊക്കെ കർത്താവിനോട് സംസാരിച്ച ശേഷം അവനാ ശിഷ്യത്വത്തിൻ്റെ വിളി ഏറ്റെടുക്കാതെ അവന് തൻ്റെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും നിനക്ക് കെ ഫ എന്ന് പേരാകും അത് പത്രോസ് എന്നാകുന്നു എന്നൊക്കെ പറഞ്ഞ കർത്താവ് വലിയൊരു സാധ്യതയാണ് വലിയൊരു സാധ്യതയുടെ വാതിലാണ് അവൻ്റെ മുമ്പിൽ ഒന്ന് യോഹന്നൻ്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ തുറന്നിട്ടത് പക്ഷേ അവനതിൻ്റെ സാധ്യതകൾ മനസ്സിലാകാഞ്ഞതുകൊണ്ടാണോ അതോ അവൻ എപ്പോഴും മീൻപിടുത്തം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ തൊഴിലായത് കൊണ്ടാണോ എന്തായാലും ഷിമാൻ പത്രോസ് കർത്താവിനെ വിട്ട് തൻ്റെ തൊഴിലിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് നമുക്ക് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ ഭാഗം നമുക്ക് വളരെ വേഗത്തിൽ ഈ ഷിമോൻ പത്രോസിനെ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് വിളിച്ചവൻ യഥാർത്ഥത്തിൽ സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ച ആ ഒരു സന്ദർഭം നമുക്ക് വളരെ വിശദമായിട്ട് ഒന്ന് നോക്കാം അവിടെ ഇതാ അതിൻ്റെ അഞ്ചാമധ്യായത്തിൻ്റെ ലൂക്കോസ് അഞ്ചിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഗന്നേശ്വര തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവോചനം കേൾക്കേണ്ടതിനെ ശിവനെ തെക്കിക്കൊണ്ടിരിക്കുകയാൽ രണ്ട് പടക കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്ന് ഷിമോൻ പത്രോസിൻ്റെ പടകിലെ കർത്താവ് കയറി ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ച് തീർന്ന ശേഷം ഷിമോനോട് ആഴത്തിലേക്ക് നീങ്ങി മീൻ വലയിറക്കാൻ പറഞ്ഞു ശ്രീമോൻ പറഞ്ഞു നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഇപ്പോൾ നേരം പുലർച്ചെ ആ നിലയിൽ വന്നിരിക്കുകയാണ് മീനില്ല ഞങ്ങൾക്ക് ഈ തടാകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചത് ഏതായാലും അവന് കർത്താവിനെ ആ ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നാഥ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ചെയ്തപ്പോൾ പെരുത്ത മീൻ കൂട്ടം അകപ്പെട്ടു പടകു രണ്ടും മുങ്ങുമാറാകോളാം നിറച്ചു അപ്പോഴവൻ കർത്താവിൻ്റെ കാൽക്കൽ വീണു കർത്താവേ ഞാൻ പാവിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന പറഞ്ഞു അപ്പോൾ കർത്താവ് പറയുന്നു ഷിമോനെ ഭയപ്പെടണ്ട നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞ് വീണ്ടും അവനെ ശിഷ്യത്വത്തിലേക്ക് പ്രത്യാനയിക്കുന്നു അവരുടനെ ഷിമോനും കൂട്ടാളികളും പടകുകളെ കരയ്ക്ക് സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് ഇവിടെ ഇതാ ഗന്നേശ്വര തടാകം ഗന്നേശ്വര തടാകമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗലീല തടാകം തന്നെയാണ് ഈ ഗലീല തടാകത്തെ പല പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട് ഇവിടെ ഗന്നേശ്വര തടാകമെന്ന് പറഞ്ഞു യോഹനാൻ്റെ അസോസിയേഷൻ ഇരുപത്തൊന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തിബരിയാസ് കടലെന്ന് പറയുന്നതും ഈ ഗലീല കടൽ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമത്തിൽ വരുമ്പോൾ സംഖ്യാപുസ്തകം മുപ്പത്തിനാലിൻ്റെ പതിനൊന്നിലൊക്കെ വരുമ്പോൾ അവിടെ ഈ ഗലീല തടാകത്തെ കിന്നേരേത്ത് കടൽ എന്നാണ് വിളിക്കുന്നത് സംഖ്യ മുപ്പത്തിനാല് പതിനൊന്ന് യോശുവയുടെ പുസ്തകം പന്ത്രണ്ട് മൂന്ന് യോശുവ പതിമൂന്ന് ഇരുപത്തേഴ് ഇതൊക്കെ നോക്കുമ്പോൾ കിന്നേരത്ത് കടൽ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവർ നമ്മളീ ഇതിനെക്കുറിച്ചൊരു ബോധ്യമില്ലെങ്കിൽ ഇതെല്ലാം പല കടലോ പല കാര്യങ്ങളോ ആണെന്ന് തെറ്റിദ്ധരിച്ചു പക്ഷെ സത്യത്തിൽ ഇത്രയേ ഉള്ളൂ ഈ ഇസ്രായേൽ നാടിൻ്റെ നാട്ടിലുള്ള ഒരു തടാകമാണ് ഗലീല തടാകം അതിന് ഗന്നേശ്വരേത്തെന്നും തിബരിയാസ് കടലെന്നും കിന്നിരേത്ത് കടലെന്നും ഒക്കെ പല നിലയിൽ ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ആ തടാകത്തിൻ്റെ തീരത്തെ കർത്താവ് ചെന്നപ്പോൾ പല പടകുകൾ അവിടെ ഉണ്ട് ആയിരക്കണക്കിന് പടകുകൾ രാവിലെ ആ തടാകത്തിൻ്റെ പല ഭാഗത്തായിട്ട് അടുക്കും എന്നാണ് നമ്മൾ വേദപണ്ഡിതന്മാരെ പറഞ്ഞ് എഴുതി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ കർത്താവ് കൃത്യത്തിന് ശീമോന്റെ പടകിൽ തന്നെ കയറി നമ്മൾ ഓർത്തു നോക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആളുകൾ ഉണ്ടായിട്ട് കർത്താവ് തികച്ചും യാദർ ചെയ്യുമെന്ന മട്ടിൽ നമ്മളൊരു പ്രസംഗം കേട്ടു അല്ലെങ്കിൽ ഒരു ലഘലേഖ വായിച്ചു അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി നമ്മുടെ പടകിൽ കർത്താവ് കയറാനായിട്ട് ഇടയായി അതിന് നമുക്ക് ഒന്നും പുകഴുവാനായിട്ടില്ല കർത്താവിൻ്റെ കൃപ കർത്താവിൻ്റെ കരുണ എന്ന് മാത്രമേ ഉള്ളൂ ഈ ശ്രീമോൻ പത്രോസ് ആണെങ്കിൽ കർത്താവിനെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യോഹനാൻ ഒന്നാം അധ്യായത്തിൽ കണ്ട് വിട്ടുപോയവനാണ് എങ്കിലും അവനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് കൃത്യത്തിന് അവൻ്റെ പടകിൽ തന്നെ കയറി എന്നിട്ട് അവനോട് മുമ്പേ നമ്മൾ വായിച്ചതുപോലെ അവനെ തിരിച്ച് കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നു ഇവിടെ ഇതാ അവന് അഞ്ചിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവൻ നാഥ എന്നാണ് വിളിക്കുന്നത് എന്നാൽ അവസാനം ആ നിലയിലുള്ള വലിയ മീൻപിടുത്തം കണ്ട് അവനൊരു സംഭ്രമുണ്ടായപ്പോൾ അവൻ പറയുന്നത് കർത്താവേ ലോഡ് എന്നാണ് എൻ്റെ കർത്തൃത്വം മുഴുവൻ നിനക്ക് തരുന്നു എന്നുള്ള നിലയിൽ ലോഡ് എന്നാണ് പറയുന്നത് ഒന്നുകോരിന്റർ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാലല്ലാതെ ഒരാൾക്ക് കർത്താവേ എന്ന് വിളിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നു ഒന്നുകോരിന്റർ പന്ത്രണ്ടിൻ്റെ മൂന്ന് അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ ഇതാ ഈ മീൻപിടുത്തത്തെ തുടർന്ന് പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ ഹൃദയത്തിലെ വലിയൊരു ഒരു പാപബോധമുളവാക്കി പരിശുദ്ധാത്മാവ് എപ്പോഴും അങ്ങനെയാണല്ലോ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും സുവിശേഷത്തിൽ നമ്മളെ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് കർത്താവ് പറയുന്നു ഞാൻ പോയ ശേഷം വരുന്ന കാര്യസ്ഥൻ അവനെന്തു ചെയ്യും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധ്യങ്ങൾ നൽകും എന്ന് പറഞ്ഞ് നമുക്കറിയാം പ്രിയപ്പെട്ടവർ അങ്ങനെയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് പത്രോസിന് ഈ ബോധ്യം കൊടുത്തത് അതിൻ്റെ ഫലമായിട്ട് അവൻ കർത്താവെ എന്ന് വിളിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിക്കുന്നു അങ്ങനെ ഇപ്പോൾ അവൻ പരിഭ്രമം ഉണ്ടായത് എന്തുകൊണ്ടാണ് അവനറിയാം യേശു തച്ചപ്പണിയാണ് ചെയ്തത് പത്രോസാണ് കടലിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് രാവിലെ മീൻ കിട്ടാൻ സാധ്യത കുറവാണ് ആ തടാകത്തിൻ്റെ പ്രത്യേകതയെ അവനറിയാം എന്നാൽ ഇവിടെ ഇതാ കർത്താവ് പറഞ്ഞ് കൃത്യമായിട്ട് ആ നിലയിൽ മീനിനെ കിട്ടുന്നു എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞത് കർത്താവിനത് കഴിഞ്ഞത് നമ്മൾ എട്ടാമത്തെ സങ്കീർത്തനത്തില് നമ്മളൊരു കാര്യം കാണുന്നുണ്ട് എട്ടാമത്തെ സങ്കീർത്തനത്തില് കർത്താവാണ് ഈ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാത്തിനെയും ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് എട്ടാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ആകാശത്തിലെ പക്ഷിയെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ അപ്പോൾ കണ്ടോ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് അവിടത്തേക്ക് അറിയാം എവിടെയാണ് മീൻ കിട്ടുന്നത് എന്ന് തനിക്കറിയാം താൻ ആ നിലയിൽ പത്രോസിനോട് നേരത്തെയും ഇതിന് ശേഷം പിന്നീട് വേറൊരു രംഗത്ത് ചതുർദ്രഹ്മപ്പണം ആവശ്യമുള്ള ഒരു രംഗത്ത് മത്തായി ഇടസ്വിശേഷം പതിനേഴിൻ്റെ ഇരുപത്തേഴ് നോക്കുക പത്രോസിനെ അന്നേരവും കർത്താവിന്തു ചെയ്യുന്നു കൃത്യമായിട്ട് ആ ചതുർദ്രഹ്മപ്പണം വായിലുള്ള മീനിനെ പിടിക്കാനായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു വിടുന്നു നോക്കുക വലിയവനായ ദൈവം അവിടത്തേക്ക് ഈ ആഴക്കടലിലൂടെ നീങ്ങുന്ന ഒരു മീനിനെ അല്ലെ മീൻ എവിടെയുണ്ട് ഇതെല്ലാം കർത്താവിനറിയാം ഇത് കണ്ടപ്പോഴേ പത്രോസിന് വലിയ പാപബോധം വന്നു അവന് കർത്താവെ എന്ന് വിളിച്ചു എന്ന് തന്നെയല്ല എന്നെ വിട്ടു പോകണമേ എന്നാണ് അവൻ പറഞ്ഞത് തന്നെ വിട്ടു പോകണം നമ്മൾ ഏഷയ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഏഷയ്യാവിനും ദൈവത്തെക്കുറിച്ചൊരു ദർശനമുണ്ടായപ്പോൾ എന്താണ് അവൻ പറയുന്നത് ആറിൻ്റെ അഞ്ച് ഏശയ്യാവ് ആറിൻ്റെ അഞ്ച് അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ അപ്പോൾ നമ്മളും യഥാർത്ഥത്തിൽ കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടാൽ കാണേണ്ടതുപോലെ കണ്ടാൽ എന്ത് സംഭവിക്കും നമുക്കും യഥാർത്ഥത്തിൽ ഒരു പാപബോധമുണ്ടാകും പത്രൂസിന് ആ പാപബോധമുണ്ടായി അതിനെ തുടർന്ന് അവൻ പടകും വലയും വിട്ട് കർത്താവിനെ അനുഗമിച്ചു അത് അവൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിത്തീർന്നു ഇവിടെ നമ്മൾ കാണേണ്ടത് കർത്താവിൻ്റെ കരുണയാണ് തന്നെ വിട്ടുപോയവനെ തേടി ചെല്ലുന്ന കരുണ കർത്താവിൻ്റെ ആ നിലയിലുള്ള പ്രവൃത്തി ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു അല്ലാതെ കർത്താവ് അവനെ ശാസിച്ചില്ല റോമർ രണ്ടിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ ദൈവത്തിൻ്റെ ദയയാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് എന്നാണ് അവന് പടക് നിറയെ മീൻ കൊടുത്ത് ദൈവം തൻ്റെ ദയ കാണിച്ചപ്പോൾ അത് പത്രോസിനെ മാനസാന്തരത്തിലേക്ക് നടത്തി പ്രിയപ്പെട്ടവരെയും നമ്മെയും ശാസിക്കേണ്ട പല രംഗങ്ങളിലും കർത്താവ് നമ്മളോട് ദയ കാണിക്കുന്നു നമ്മളെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ദയ കാണിക്കുന്നു അത് നമ്മളെ കൂടുതൽ മാനസാന്തരത്തിലേക്ക് നയിക്കണം പത്രോസിനെ പോലെ ഈ ഈ കാര്യമാണ് നമുക്ക് ഈ ഈ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ടുള്ളത് പ്രിയമുള്ളവരെ നമ്മളെ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ ഷീമോൻ പത്രോസ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ആ നിലയിലെല്ലാം വിട്ട് വരുന്ന ആ രംഗമാണല്ലോ നമ്മളെ ചിന്തിച്ചത് ഇവിടെ ഇങ്ങനെ ഷീമോൻ പത്രോസ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു തുടർന്ന് അവന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കർത്താവിനെ അനുഗമിച്ച് മുന്നോട്ട് പോയി എന്നാൽ ഇവിടെ നമ്മളെ യോഹന്നൻ്റെ സുവിശേഷം ഇരുപത്തൊന്നിൽ ചെല്ലുമ്പോൾ അവിടെ ഈ ശ്രീമോൻ പത്രോസ് എന്ത് ചെയ്യുന്നു ശ്രീമോഹൻ പത്രോസ് വീണ്ടും മീൻ പിടുത്തത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് നമ്മൾ പറഞ്ഞു യോഹന്നൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാൽപ്പത്തി വാക്യങ്ങളിൽ യേശു ശിവോനെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിച്ചതാണ് പക്ഷെ അന്ന് ആദ്യത്തെ ആ സന്ദർഭം അവൻ പാഴാക്കി മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോയി ഇവിടെ ഇതാ ലൂക്കോസ് അഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ വീണ്ടും കർത്താവ് അവനെ മടക്കി ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാൽ അങ്ങനെ വന്ന അവൻ പിന്നീട് മൂന്നര വർഷം കർത്താവിൻ്റെ ശിഷ്യനായിട്ടെല്ലാം നടന്നതിന് ശേഷം ഏറ്റവും നിർണായകമായ ഒരു രംഗത്ത് അവൻ വീണ്ടും മീൻപിടുത്തത്തിലേക്ക് പോകുന്നു പഴയ ആ തൊഴിലിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നതാണ് നമ്മൾ പത്രോസിൻ്റെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു ആ നിലയിലുള്ള ഒരു പിന്മാറ്റത്തിൻ്റെ രംഗം യോഹനാൻ ഇരുപത്തൊന്നിൽ വിശദമായിട്ട് വരച്ച് കാട്ടിയിട്ടുണ്ട് അവിടെ കർത്താവ് ശ്രീമോൻ പത്രോസിനെ വളരെ സ്നേഹത്തോടെ കൂടെ കൊണ്ടു നടന്നു എന്നിട്ട് കർത്താവ് ഒരിക്കലും ഇവനോട് പറയുകയുണ്ടായി ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ട് അവിടെ നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയുമെന്നൊക്കെ പറഞ്ഞെടുത്ത് കർത്താവ് അവനോട് പറഞ്ഞിരുന്നു നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളണം എന്ന് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു നീ നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിക്കേണ്ട ചുമതല നിനക്കാണ് എന്ന് പറഞ്ഞു എന്നാൽ യോഹനൻ്റെ സുവിശേഷം ഇരുപത്തൊന്ന് കണ്ടോ ഇരുപത്തൊന്നിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു അതെല്ലാം സംഭവിച്ചതിന് ശേഷവും ശ്രീമോൻ പത്രോസ്വന്ത് ചെയ്യുന്നു മൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവനാണ് പഴയ തൊഴിലിലേക്ക് ബാക്കി ആറേഴ് ശിഷ്യന്മാരെ കൂടെ നയിച്ചു പോകുന്നത് അവിടെയും ആ രംഗത്തും നമ്മൾ കാണുന്നത് കർത്താവ് എന്ത് ചെയ്തു ഇതേപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ കർത്താവ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ വീണ്ടും തൻ്റെ നിലയിലുള്ള ശിഷ്യത്വത്തിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവരുന്ന രംഗമാണ് അവിടെ കാണുന്നത് ഇതേപോലെ തന്നെയാണ് ശിമോൻ പത്രോസ് മീൻ പിടിച്ചൊന്നും കിട്ടാതെയൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഇതാ കർത്താവ് വന്നിട്ട് ചോ നീ വലതുവശത്ത് വല വീശാനായിട്ട് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ഇതേപോലെ തന്നെ വല വീശി അത് വലിയ ആ നിലയിൽ മീനിൻ്റെ പെരുപ്പം കണ്ടിട്ട് അപ്പോൾ പത്രോസ് ഇതേ രംഗത്ത് ഇതേപോലെ ഒരു സന്ദർഭത്തിൽ അവനവൻ്റെ തെറ്റു മനസ്സിലാകുന്നു അവൻ കർത്താവിലേക്ക് മടങ്ങി വരുന്നു കർത്താവ് അവനോട് പറയുന്നു നീനക്കെന്നോട് സ്നേഹമുണ്ടോ എന്നെല്ലാം ചോദിച്ച് ഉണ്ട് എന്നവൻ സമ്മതിച്ച് കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന ദൗത്യം വീണ്ടും കൊടുത്ത് അവനെ വിടുന്നതാണ് കാണുന്നത് ഇവിടെ ഇതാ പത്രോസിൻ്റെ ജീവിതത്തിൽ താൻ വീണ്ടും അതേ രംഗത്തേ തന്നെ തെറ്റിപ്പോകുന്നതാണ് നമ്മളെ കാണുന്നത് താന് മീൻപിടുത്തമാണ് ഇപ്പോഴും അവൻ്റെ ഒരു ദൗർബല്യം ഈ യോഹന്നാൻ ഒന്നിലെ കർത്താവ് വിളിച്ചു അവിടുന്ന് അവൻ പിന്മാറിപ്പോയി മീൻപിടുത്തത്തിലേക്ക് പോയി ഇവിടെ ലൂക്കോസ് അഞ്ചിലെ കർത്താവ് വിളിച്ചു അവിടുന്ന് യോഹന്നാൻ ഇരുപത്തൊന്നിൽ വരുമ്പോൾ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും മറ്റ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അവൻ പഴയ തൊഴിലിലേക്ക് പിന്മാറിപ്പോകുന്നതാണ് നമ്മളെ കാണുന്നത് പ്രിയപ്പെട്ടവർ അപ്പോഴും കർത്താവിൻ്റെ ദയ അവനെ വിട്ടുപോയില്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവനെ ഞാൻ ആദ്യം പിന്മാറിപ്പോയവനാണ് പിന്നെയും ഞാൻ തിരിച്ചു കൊണ്ടുവന്നതാണ് ഇതാ നിർണായകമായ സന്ദർഭത്തിൽ നീ നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളണം എന്നൊക്കെ ഞാൻ ആ നിലയിൽ പറഞ്ഞു കൊടുത്തിട്ടും അവന് തന്നെ മുൻകൈ എടുത്ത് ബാക്കി ആറേഴ് ശിഷ്യന്മാരെ കൂടെ കൂട്ടിക്കൊണ്ട് മീൻപിടുത്തത്തിന് പോയല്ലോ എന്ന് പറഞ്ഞ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് ബാക്കി ആരെങ്കിലും ആണെങ്കിലും ചിന്തിക്കുക പക്ഷേ കർത്താവ് അങ്ങനെ ചിന്തിച്ചില്ല കർത്താവിത അവൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുന്നു അവനോട് അതേ രീതിയിൽ തന്നെ പെരുമാറുന്നു നമ്മൾ യോഹന്നൻ്റെ സുവിശേഷം അഞ്ചിൽ കണ്ട അതേ മട്ടിൽ തന്നെ പെരുമാറുന്നു കർത്താവിൻ്റെ ഒരു പ്രവർത്തന ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന രീതി എവിടെ തെറ്റിയോ അവിടെ തന്നെ ചെന്ന് ആ കാര്യങ്ങൾ അതേ മട്ടില് വീണ്ടും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ അനുതാപത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആദ്യത്തെ ആ സഭയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അതായത് വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം എഫ് എ സഭ എഫ് എ പറയുന്ന കുറ്റം എന്ന് നീ എന്താ ചെയ്തത് നീ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് രണ്ടിൻ്റെ നാല് വെളിപ്പാട് രണ്ടിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ എന്നിട്ട് കർത്താവ് പറയുന്നു ഈ സഭയോട് പറയുന്നു നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് അതിൽ തന്നെ മാനസാന്തരപ്പെട്ട് മടങ്ങി എന്നാണ് അവിടെ പറയുന്നത് നമ്മളിത് പറയുമ്പോൾ പലപ്പോഴും ഇതിനോട് ചേർത്ത് ദൈവദാസന്മാർ പഴയ നിയമത്തിലെ ഒരു സംഭവം പറയാറുണ്ട് അതായത് രണ്ട് രാജാക്കന്മാർ ആറാമധ്യായത്തിലെ ഒരു സംഭവമാണ് രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായത്തിൽ അത് ഏലിശ തൻ്റെ ശിഷ്യന്മാരും ഒക്കെയായിട്ട് അവിടെ അവർ താമസിക്കുന്ന ഇടം ഞെരുക്കമായതുകൊണ്ട് തടിവെട്ടി ആ നിലയിൽ അവിടെ കൂടുതൽ വിശാലമാക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഏലിശായി ശിഷ്യന്മാരും കൂടെ ചെന്നപ്പോൾ ഒരു ശിഷ്യൻ എന്തു പറ്റി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ മഴുവിൻ്റെ ഇരുമ്പുള്ള ഭാഗം അത് തെറിച്ച് ആ കോടാലിയുടെ ആ കോടാലിയുടെ അല്ലെങ്കിൽ മഴവിൻ്റെ ആ വെട്ടുന്ന ഭാഗം തെറിച്ച് വെള്ളത്തിൽ വീണു ഉടനെ രണ്ട് രാജാക്കന്മാർ ആറിൻ്റെ ആറ് നോക്കുക അവൻ ഏലിശയോട് നിലവിളിച്ചു അപ്പോൾ ഏലിശ വന്നിട്ട് അവനോട് ചോദിക്കുന്നു എവിടെയാ അത് വീണത് എന്ന് ചോദിച്ചു അവനാ കോടാലി വീണ വെള്ളത്തിൽ വീണ ആ സ്ഥലം അവനെ കാണിച്ചു അപ്പോഴവനൊരു കോൽ വെട്ടി ആ വെള്ളത്തിൽ വീണ ആ സ്ഥലത്ത് തന്നെ എറിഞ്ഞു ഉടനെ അവിടുന്ന് ആ ആ കോടാലി പൊങ്ങി വന്നു ഈ ശിഷ്യനോട് എടുത്തോളാൻ പറഞ്ഞു കണ്ടോ നമുക്ക് കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ ആദ്യ സ്നേഹത്തിൽ ഒരു കുറവ് വന്നു അല്ലെങ്കിൽ കർത്താവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ അവിടെ തന്നെ കർത്താവിനെ കാണിച്ചു കൊടുത്താൽ കർത്താവ് അവിടെ തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് യോഹനൻ്റെ സുവിശേഷം ഇരുപത്തൊന്നിൽ മീൻപിടുത്തം എന്ന അതേ രംഗത്ത് തന്നെ കർത്താവ് വന്ന് ഈ ലൂക്കോസ് അഞ്ചിൽ ചെയ്തതുപോലെ ഷീമോൻ പത്രോസിനെ വീണ്ടും അനുതാപത്തിലേക്കും ശിഷ്യത്വത്തിലേക്കും കൊണ്ടുവന്ന കാര്യമാണല്ലോ പറഞ്ഞത് ഷീമോൻ പത്രോസിന് എന്താ ചെയ്തത് കർത്താവിനോടുള്ള ആ നിഷ്കളങ്കമായ ആദ്യ സ്നേഹം അവൻ വിട്ടുകളഞ്ഞു അതുകൊണ്ട് അവൻ കർത്താവ് പറഞ്ഞിട്ട് പോലും അവൻ ഗൗരവമായിട്ട് എടുക്കാതെ അവൻ ചെയ്തു അവന് പഴയ തൊഴിലിനു പോയി അവിടെയാണ് അവൻ വീണത് അല്ലെങ്കിൽ അവൻ്റെ കോടാലി അവിടെയാണ് വീണത് എന്ന് നമുക്ക് പറയാം കർത്താവ് എന്ത് ചെയ്തു കർത്താവ് അതേ സ്പോട്ടിൽ തന്നെ വന്ന് അവനോട് അതേ നിലയിൽ ഇടപെട്ട് അവനെ മാനസാന്തരത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ആ സന്ദർഭമാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് അവിടെയോ വെളിപ്പാട് ഉസ്താൻ രണ്ടാമധ്യായത്തിൻ്റെ അഞ്ചിൽ എവിടെ തെറ്റിയോ അവിടെ തന്നെ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് അവിടെ തന്നെ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ ജീവിതത്തിലെ കർത്താവിനെ പിൻപറ്റി ഈ പത്രോസിനെ പോലെ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ കർത്താവിനോടുള്ള ആദ്യ സ്നേഹത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവിനോടുണ്ടായിരുന്ന ആ നിർമ്മലമായ നിഷ്കളങ്കമായ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹത്തിൽ കുറവ് വന്നിട്ടുണ്ടാവാം കുറവ് വന്നിട്ടുണ്ടോ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ടോ നമ്മളെ നമുക്കങ്ങനെ ഒരു ബോധ്യം തരുന്നുണ്ടോ ഏഹ് നമുക്കൊരു കാലത്ത് കർത്താവിനോട് ഒത്തിരി കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ലളിതമായ ഒരു ഭക്തി ഉണ്ടായിരുന്നു അത് ഇന്നിപ്പോൾ പല കാര്യങ്ങളറിയാം പല പഴക്കങ്ങൾ പഴക്കങ്ങളുണ്ട് കാര്യങ്ങളെല്ലാം പഴയതിനേക്കാളും ഭംഗിയായിട്ട് ആളുകളുടെ ദൃഷ്ടിയിൽ പോകുന്നുണ്ട് പക്ഷെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കോടാലി വീണ് വീണു പോയില്ല എന്ന് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് വെറുതെ ആ മഴുവിൻ്റെ കൈകൊണ്ട് പിന്നെയും മരത്തേൽ ആ നിലയിൽ അടിച്ചുകൊണ്ട് നിൽക്കാതെ ആ നല്ല ഏലിശയോടെ കർത്താവേ എൻ്റെ മഴവ് പോയി എൻ്റെ ആദ്യ സ്നേഹം പോയി എന്ന് നിലവിളിച്ചാൽ ഈ ഭാഗത്താണ് അത് പോയത് എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ തന്നെ മടക്കിക്കൊണ്ടുവരാൻ ശക്തനാണെന്നുള്ളതാണ് ശീമോൻ പത്രോസിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീമോൻ പത്രോസ എവിടെ തെറ്റിയോ അതേ മീൻപിടുത്തത്തിൻ്റെ അതേ രംഗത്ത് തന്നെ കർത്താവ് വീണ്ടും ചെന്ന് അവനെ മടക്കിക്കൊണ്ട് വരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ആദ്യ സ്നേഹം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കർത്താവിനോട് പറയാൻ നിലവിളിക്കാം അല്ലാതെ നമ്മൾ അങ്ങനെ സംഭവിച്ചില്ല എന്ന് ഭാവിക്കണ്ട ആ ഏലിശയുടെ ശിഷ്യം പറഞ്ഞ പോലെ പ്രവാചക എനിക്കിത് നഷ്ടപ്പെട്ടു എന്ന് പറയണം നമ്മളത് പരിശുദ്ധാത്മാവും നമുക്ക് ബോധ്യം തരുന്നെങ്കിൽ നമ്മുടെ ആദ്യ സ്നേഹം എവിടെയെങ്കിലും കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കർത്താവിനോട് പറയണം കർത്താവ് അപ്പോൾ നമ്മളെ തള്ളിക്കളയുകയില്ല കർത്താവ് നമ്മളെ തള്ളിക്കളയുകയില്ല അവിടുത്തെ കരുണ എത്രയോ വലുതാണ് ശിമോൻ പത്രോസിനെ പലവട്ടം തേടി വന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എവിടെയെങ്കിലും പിന്നെയും പിന്നെയും നമുക്ക് പാളിച്ചു വന്നെങ്കിൽ അവിടെ നിന്ന് കർത്താവിൻ്റെ ലേക്ക് ആ കാര്യം സമ്മതിച്ച് അവനോട് അപേക്ഷിക്കുക കർത്താവ് അവിടെ തന്നെ വന്ന് നമ്മളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്ന ആ മനസ്സലിവുള്ള കർത്താവാണ് നമ്മുടേത് കൃപയുടെ വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ് അതുകൊണ്ട് ദുഃഖിക്കണ്ട നിരാശപ്പെടേണ്ട കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുക പത്രോസിനെ തിരികെ കൊണ്ടുവന്ന കർത്താവ് നമ്മളെയും കൈവിടുകയില്ല കർത്താവിൻ്റെ കരുണ വളരെ വലുതാണ് എന്നുള്ളതാണ് ഈ സംഭവം നമ്മെ നമുക്ക് തരുന്ന ബോധ്യം പലവട്ടം പരാജയപ്പെട്ടിട്ടും പത്രോസിനെ തേടി ദൈവത്തിൻ്റെ കരുണ ചെന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ പത്തിലേക്ക് വരുമ്പോൾ ഭയപ്പെടണ്ട ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞ് അവനെ യഥാസ്ഥാനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ വലിയ കരുണ പ്രിയപ്പെട്ടവരെ ആ വാക്കുപോലെ തന്നെ സംഭവിച്ചു മീൻപിടുത്തമാണ് അവന് ത താല്പര്യമെങ്കിൽ ഇന്ന് മുതലും മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ അങ്ങനെ മനുഷ്യരെ പിടിക്കുന്നവനായി അപ്പോസ്ല പ്രവൃത്തി രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ് പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ മൂവായിരം പേരാണ് അന്നൊരൊറ്റ ദിവസം സ്ഥാനപ്പെട്ടത് അപ്പോസ്ല പ്രവൃത്തി പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറന്നെസിൻ്റെ ഭവനത്തിൽ പത്രോസ് വായി തുറന്ന് ദൈവത്തിന് എന്ന് പറഞ്ഞ് ആ മുഖവാക്കുകളോടെ കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് യഹൂദരല്ലാത്ത ജാതിയിൽപ്പെടുന്ന ആളുകളൂടെ ഈ വലയിൽ പെട്ട് അവരുടെ സഭയിലേക്ക് ആദായപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി തീർക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് പ്രിയപ്പെട്ടവർ ദൈവത്തിന് ഒരു വലയുണ്ട് ആ വലയെന്ന് പറയുന്നത് നന്മയിലേക്കുള്ള വലയാണ് അതേസമയം തന്നെ നമ്മൾ ഓർക്കണം രണ്ട് തീമത്തി ദിവസം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ സാത്താനും ഒരു വലയുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട് രണ്ട് തീമത്തി ദിവസം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ അവിടെ കണ്ടോ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കണിയിൽ നിന്നൊഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ അപ്പോൾ പിശാചിനും എന്തുണ്ട് അവനും ഒരു വലയുണ്ട് അവൻ കണിയിൽപ്പെടുത്തുന്നു അവൻ കൊടുക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഈ വല അതെന്ത് ചെയ്യുന്നതാണ് സുബോധത്തിലേക്ക് കൊണ്ടുവരുന്നതും അത് നന്മയിലേക്കും അതുപോലെ തന്നെ ആ ആളുകളുടെ ആ ആത്യന്തികമായി നിത്യതയിലെ ആ പ്രയോജനത്തിനും ഉതകുന്ന ആ വലയാണ് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വല ആ വല പെന്തക്കോസ് നാളിൽ ആളുകളുടെ നേരെ വീശിയെറിയാൻ ദൈവം നിയോഗിച്ചത് പത്രോസിനെയാണ് അതുപോലെ തന്നെ പത്താം അധ്യായം അപ്പുസന പ്രവർത്തി പത്താം ജാതികളെ ഈ വലയിൽ കോർത്ത് ദൈവസഭയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ചതും പത്രോസിനെ തന്നെയാണ് നോക്കുക അപ്പോൾ പത്രോസിന് താൽപ്പര്യം മീൻ പിടിക്കുന്നതാണെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ മനുഷ്യരെ പിടിക്കുന്ന വലിയ ദൗത്യം അവനെ ഏൽപ്പിക്കാൻ സ്വർഗത്തിന് പ്രസാദമായി നമ്മളതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ മറ്റൊരു രംഗമാണ് കാണുന്നത് അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യം അഞ്ചിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ് വീണ് കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്നവനോട് അപേക്ഷിച്ചു യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാ എന്ന് പറഞ്ഞു ഉടനേ കുഷ്ഠം അവനെ വിട്ടുമാറി ഈ രംഗവും കർത്താവിൻ്റെ കരുണയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ നോക്കണം ഇവിടെ ലൂക്കോസ് പറയുന്നു കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ ലൂക്കോസ് ആരായിരുന്നു ലൂക്കോസ് ഒരു ഡോക്ടറാണ് വൈദ്യനാണ് അപ്പോൾ ഒരു വൈദ്യൻ്റെ ഡയഗ്നോസിസ് ആണ് എന്താണ് ഇവൻ പരിപൂർണനായ ഒരു കുഷ്ഠരോഗിയാണ് അടിമു മുടി കുഷ്ഠനിറഞ്ഞ ഒരു മനുഷ്യനാണ് എന്ന് വൈദ്യനായ ലൂക്കോസസ് സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ എന്നിട്ട് എന്ത് പറ്റിരുന്നു അവന് കർത്താവിനോട് ചോദിക്കുന്നു കർത്താവി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും കണ്ടോ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആളുകൾക്ക് സാധാരണ രണ്ട് സംശയങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഒന്നെന്ന് പറയുന്നത് കർത്താവിന് ഇതിന് കഴിയുമോ എന്നുള്ളത് എന്നെ സൗഖ്യപ്പെടുത്താൻ അല്ലെങ്കിൽ എൻ്റെ പാപത്തെ മാറ്റുവാൻ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ വ്യത്യാസമാക്കുവാൻ ദൈവത്തിന് കഴിയുമോ ഈ യേശുവിന് കഴിയുമോ ഇതാണ് ചിലരുടെ സംശയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തും ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നോക്കുക ഊമനായ ആത്മാവുള്ള ഒരു മകൻ്റെ പിതാവ് വന്ന് യേശുവിനോട് ചോദിക്കുന്നു നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എൻ്റെ മകനെ സൗഖ്യമാക്കണേ അപ്പോൾ ആ പിതാവ് അഡ്രസ്സ് ചെയ്തത് എന്താണ് യേശുവിൻ്റെ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ കുഷ്ഠം നിറഞ്ഞ മനുഷ്യന് യേശുവിന് കഴിവുണ്ട് എന്നവന് ബോധ്യമുണ്ട് അവന് പല കുഷ്ഠരോഗികളെ ഒരുപക്ഷെ പത്ത് കുഷ്ഠരോഗികളെയൊക്കെ ഒന്നിച്ച് ഒരു വാക്കുകൊണ്ട് യേശു സൗഖ്യമാക്കിയതൊക്കെ അവൻ മനസ്സിലാക്കിയിരിക്കാം അല്ലെങ്കിൽ പല കർത്താവ് ചെയ്ത രോഗസൗഖ്യങ്ങളെക്കുറിച്ച് അവന് ബോധ്യമുണ്ട് കർത്താവിന് കഴിവുണ്ടെന്ന് അവനറിയാം പക്ഷേ തൻ്റെ കാര്യത്തിൽ മനസ്സുണ്ടോ എന്നുള്ളതാണ് അവൻ്റെ സംശയം നമുക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ രണ്ട് സംശയങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ചിലപ്പോൾ ചിലര് ലോകമനുഷ്യർ ചിലർ വിചാരിക്കും ഈ യേശുവിന് അതിന് കഴിവുണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് കഴിവുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഞാനിപ്പോൾ പലവട്ടം ഇങ്ങനെയൊക്കെ തെറ്റിപ്പോയി ഇനിയും പാപത്തിൽ നിന്ന് സൗഖ്യമാക്കാൻ കർത്താവിന് മനസ്സുണ്ടോ എന്നാണ് നമ്മൾ പലരുടെയും ഈ കുഷ്ഠരോഗിയെപ്പോലുള്ള സംശയം കുഷ്ഠമെന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ നിഴലാണല്ലോ അപ്പോൾ പാപത്തിൽ പലവട്ടം വീണ് അടിമുടി അങ്ങനെയുള്ള ഒരുവൻ അവൻ കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നു കർത്താവേ നിനക്ക് മനസ്സുണ്ടോ നിനക്ക് കഴിവുണ്ടെന്ന് എനിക്കറിയാം നിനക്ക് കഴിയും അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ എന്നെപ്പോലെ അടിമുടി കുഷ്ഠം നിറഞ്ഞ ഒരുവനെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ മനസ്സുണ്ടോ എന്നുള്ള കാര്യത്തിനെയാണ് കർത്താവിൻ്റെ മനസ്സിനെയാണ് അവൻ അഡ്രസ് ചെയ്യുന്നത് അപ്പോൾ കർത്താവ് എന്തു ചെയ്തു കർത്താവ് അവനെ തൊട്ടു കണ്ടോ അവൻ്റെ ആ സംശയത്തിന് മറുപടി എന്നുള്ള നിലയിൽ കർത്താവ് ചെന്നിട്ട് അവനെ തൊടുന്നു കർത്താവ് നമുക്കറിയാം നേരത്തെ കർത്താവ് ഒരു വാക്കുകൊണ്ട് പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ലൂക്കോസ് പതിനേഴിൻ്റെ പന്ത്രണ്ട് നോക്കുക ലൂക്കോസ് പതിനേഴ് പന്ത്രണ്ട് പത്ത് കുഷ്ഠരോഗികൾ കർത്താവിനോട് നിലവിളിച്ചപ്പോൾ നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പോയ വഴിക്ക് അവർക്ക് സൗഖ്യമായി അവിടെ കർത്താവ് കുഷ്ഠരോഗികളെ തൊട്ടില്ല തൊട്ടില്ല എന്നാൽ ഇവിടെ ഇവനെ തൊട്ടു എന്തുകൊണ്ട് തൊട്ടു എന്തിനാണ് അവനെ സ്പർശിച്ചത് അവന് പ്രശ്നമുണ്ടായിരുന്നു അവൻ്റെ സംശയം ഈ കർത്താവിന് ആ നിലയിൽ എന്നെ എന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ എന്നുള്ള അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പാകെ കർത്താവ് കരൾ അലിഞ്ഞ് അവനെ തൊട്ട് കൊണ്ടു പറഞ്ഞു മകനെ എനിക്ക് മനസ്സുണ്ട് സത്യത്തിൽ അവനെ തൊടുന്നത് കുഷ്ഠരോഗിയെ തൊടുന്നത് മൂന്ന് നിലയിൽ ശരിയായ കാര്യമല്ല വൈദ്യശാസ്ത്രപരമായിട്ട് കുഷ്ഠരോഗം പകരുന്നതാണ് അപ്പോൾ വൈദ്യശാസ്ത്രപരമായിട്ട് കുഷ്ഠരോഗിയെ തൊടുന്നത് അപകടം നിറഞ്ഞ കാര്യമാണ് മതപരമായിട്ട് അത് കുഷ്ഠരോഗിയെ തൊട്ടാൽ ശുദ്ധനായ ഒരാൾ അശുദ്ധനായിത്തീരും യഹൂദ പാരമ്പര്യമതമായിരുന്നു അപ്പം യഹൂദ മതമനുസരിച്ച് അവനെ തൊട്ടാൽ അശുദ്ധനായിത്തീരും പക്ഷേ കർത്താവ് അവനെ തൊട്ടപ്പോൾ കർത്താവ് അശുദ്ധനായില്ല മറിച്ച് അവൻ ശുദ്ധനായി തീരുകയായിരുന്നു കുഷ്ഠരോഗി ശുദ്ധനായി തീരുകയായിരുന്നു ചെയ്തത് അതുപോലെ മൂന്നാമത് സാമൂഹികമായി ഒരു കുഷ്ഠരോഗിയെ തൊട്ടാൽ അത് നിലവാരം കുറഞ്ഞതാണ് പക്ഷേ ഈ മൂന്ന് ആ വിലക്കുകളെയും കർത്താവ് അവനെ തൊട്ടു വൈദ്യശാസ്ത്രപരമായി അപകടം നിറഞ്ഞത് മതപരമായി അശുദ്ധമാകുന്നത് സാമൂഹ്യമായി നിലവാരം കുറഞ്ഞത് എന്നിട്ടും കർത്താവ് അവന് തൊട്ടു ആ തൊടലിലൂടെ ആ സ്പർശനത്തിലൂടെ കർത്താവ് അവന് നൽകാൻ കഴിഞ്ഞ സന്ദേശം എന്താ നീ എത്ര നിലയിൽ ആ നിലയിൽ തെറ്റിപ്പോയാലും മകനെ നിന്നെ എനിക്ക് സൗഖ്യമാക്കാൻ എനിക്ക് മനസ്സുണ്ട് എൻ്റെ മനസ്സിനെ നീ സംശയിക്കല്ലേ എന്നാണ് കർത്താവ് ആ സ്പർശനത്തിലൂടെ പറഞ്ഞത് ഇവിടെ ഈ യഹൂദ പാരമ്പര്യം ഈ കുഷ്ഠരോഗി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു പാരമ്പര്യത്തിൽ പറയുന്നത് പഴയ ഗേഹസിയുടെ തലമുറയിൽപ്പെടുന്ന ഒരു മക കൊച്ചുമകനോ മറ്റോ ആണ് എന്ന് ഒരു യഹൂദ പാരമ്പര്യം അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ഗേഹസി പണ്ട് ഏലിശായുടെ ശിഷ്യനായിരുന്നു അവന് നയമാൻ്റെ കുഷ്ഠം അവന് ലഭിച്ചു രണ്ട് രാജാക്കന്മാർ അഞ്ചാമധ്യായം ഇരുപത്തേഴാമത്തെ വാക്യം നോക്കുക അങ്ങനെ ഗേഹസി കുഷ്ഠരോഗിയായിത്തീർന്നു അവൻ്റെ പിന്മുറക്കാരൊക്കെ കുഷ്ഠരോഗികളായിരുന്നു കർത്താവിൻ്റെ കാലത്ത് വന്നപ്പോൾ അവൻ്റെ തലമുറയിൽപ്പെട്ട ഒരു കുഷ്ഠരോഗി വന്നിട്ട് പറയുന്നു കർത്താവേ നിനക്ക് മനസ്സുണ്ടോ എന്നവൻ ചോദിക്കുമ്പോൾ നേരത്തെ അവൻ്റെ പൂർവപിതാവായ ഗേഹസി ദൈവകല്പനയെ ലംഘിച്ച് തെറ്റിപ്പോയവനാണ് അങ്ങനെയുള്ള പരമ്പരയിൽപ്പെടുന്നവനാണ് ഞാൻ കുഷ്ഠരോഗിയാണ് ഒരു വശത്ത് മറിച്ച് ഗേഹസിയുടെ പരമ്പരയിൽപ്പെടുന്നവനാണ് എന്നോട് സൗഖ്യം നൽകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവനെ സ്പർശിക്കുമ്പം അതിന് പല മാനങ്ങളുണ്ട് പല ഡയമെൻഷൻസ് ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം കർത്താവിന് എപ്പോഴും ആളുകളുടെ കാര്യത്തിൽ മനസ്സുണ്ട് മത്തായി പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് നോക്കുക അവിടെ മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്ന ആളുകളെ കുറിച്ച് കർത്താവ് പറയുന്നു മത്തായി പതിനഞ്ച് മുപ്പത്തിരണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല കണ്ട ഒരേ വാക്യത്തിൽ രണ്ടു വട്ടം മനസ്സ് മനസ്സ് എനിക്ക് മനസ്സലിവ് തോന്നുന്നു പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല എന്നാണ് കർത്താവ് പറയുന്നത് അതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും ഞാൻ പലവട്ടം കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യത്തിനായിട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് പിന്നെയും അതേ പാപത്തിൽ അതേ പാപകുഷ്ടത്തിൽ വീണു പോയിട്ടുണ്ടല്ലോ ഇനിയും കർത്താവിൻ്റെ അടുത്ത് ചെന്നാൽ കർത്താവ് ക്ഷമിക്കുമോ കർത്താവ് സൗഖ്യമാക്കാൻ കർത്താവിന് മനസ്സുണ്ടോ എന്ന് ചിലർക്ക് സംശയം തോന്നാം എന്നാൽ കർത്താവ് പറയുന്നു മത്തായി ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിനക്ക് തരാമെന്ന് പറയുന്നു യോഹ ഞാൻ പതിനഞ്ചിൻ്റെ ഏഴിൽ പറയുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് കിട്ടും എന്ന കർത്താവ് പറയുന്നു മത്തായി ഏഴിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ യാചിപ്പാൻ കർത്താവ് അവിടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ പാപകുഷ്ടം എത്ര വലുതാണെങ്കിലും അല്ലെങ്കിൽ ഈ രംഗത്ത് നമ്മൾ കർത്താവിനെ പലവട്ടം നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കർത്താവിന് മനസ്സുണ്ടോ എന്ന് സംശയിച്ച് നമ്മൾ കർത്താവിനെ സമീപിക്കാൻ മടിക്കല്ലേ കർത്താവിനോട് പറയുക കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും എൻ്റെ പാപത്തെ മാറ്റാൻ കഴിയും എന്നെ ജയജീവിതത്തിലേക്ക് നടത്താൻ കഴിയും ഞാൻ ഈ രംഗത്ത് നിന്ന് പലവട്ടം തോറ്റുപോയി എങ്കിലും ഞാൻ നിൻ്റെ സന്മനസ്സിനെ ആശ്രയിച്ച് വീണ്ടും നിൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും മകനെ മകളെ എനിക്ക് മനസ്സുണ്ട് എന്നവിടുന്ന് പറയും അവിടുന്ന് കരം നീട്ടും നമ്മെ സ്പർശിക്കും നമ്മളെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരും കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് നമ്മുടെ പിതാവാണ് കർത്താവിൻ്റെ സ്നേഹത്തെ സംശയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ